വാചകരേ വായകൊണ്ട് വിശ്വസിച്ചുവെന്ന് പറയുകയും എന്നാൽ ഹൃദയങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവരും കള്ളം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരും നിങ്ങളുടെ അടുക്കൽ വരാത്ത മറ്റൊരു ജനതയുടെ വാക്കുകൾ കേൾക്കുന്നവരുമായ യഹൂദികളിൽപ്പെട്ടവരും സത്യനിഷേധത്തിലേക്ക് ധൃതിപ്പെട്ടു നിങ്ങൾ ദുഃഖിക്കരുത് അവർ വാക്കുകളെ അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുന്നു അവർ പറയുന്നു നിങ്ങൾക്കിത് നൽകപ്പെട്ടാൽ അത് സ്വീകരിക്കുക നൽകപ്പെട്ടില്ലെങ്കിൽ ജാഗ്രത പാലിക്കുക അള്ളാഹുസുബാനഹുവ തായാല ആരെ പരീക്ഷണത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവനെ അള്ളാഹുവിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അള്ളാഹുസുബാനഹുവറ്റായ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ ഉദ്ദേശിക്കാത്തവരാണവർ അവർക്ക് ഇഹലോകത്ത് അപമാനവും വലിയ ശിക്ഷയുമുണ്ട്